നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യ സമ്പ്രദായം അപ്പോ ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇവിടെയുള്ള ഓരോ വ്യക്തികളും സിറ്റിസൻസ് പൗരന്മാർ ഈ പൌരന്മാര് ഇവിടത്തെ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്നതാണ് ധർമ്മവുമൂടെ അതാണ് ധർമ്മം ഇന്നത്തെ ധർമ്മം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിക്കുക അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ ധർമ്മയേവോ പരം ദൈവം ധർമ്മയേവ പരം അതൊക്കെ ഈ നിയമവ്യവസ്ഥയെ സ്തുതിക്കുന്നതായിട്ട് മനസിലാകും ഇത് മനസ്സിലാക്കാതിരിക്കുക എന്ന് എന്താണ് ഒരു വലിയൊരു വീഴ്ചയാണ് ഇതാണ് ധർമ്മം അപ്പൊ നമുക്ക് ഇതാണ് ധർമ്മം എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നിരന്തരം ഈ നിയമങ്ങളെ ഉല്ലംഘിക്കും നിയമ ലംഘനം നടത്തും എന്നിട്ട് നമ്മൾ ശ്രീനാരായണ ധർമ്മം െ കുറിച്ച് ആൾക്കാർ പഠിപ്പിക്കുകയും ചെയ്യും ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു പുസ്തകം വെച്ച ആൾക്കാർ പഠിപ്പിക്കും അതില് ഭൂരിഭാഗം എഴുതിയിരിക്കുന്നത് മനുസ്മൃതീതധർമ്മങ്ങളാണ് ഭൂരിഭാഗം ഒരു ജാതി ഒരു മതവും ഒരു ദയവും ബാക്കി എല്ലാ മനുസ്മൃഗീത ധർമ്മങ്ങളെ പഠിപ്പിക്കും അതല്ല ഇന്നത്തെ ധർമ്മം അനുസ്മൃതിയുടെ ധർമ്മത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് യാതൊരു മൂല്യമില്ല അപ്പൊ നമുക്കിതിനെ കുറിച്ച് അറിവില്ല നമ്മൾ അറിയുന്നതിനും വഴിയില്ല കാരണം നമ്മള് ഇപ്പോ ട്രസ്റ്റ് ആസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെറും സന്യാസിമാരായി ജീവിക്കുകയല്ല അവിടെ അഡ്മിനിസ്ട്രേഷൻ കൂടെ നടത്തുകയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിന് കുറെ റൂളുകൾ ആ റൂള് നമ്മളറിഞ്ഞു നിയമങ്ങൾ സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ട് ഇതൊക്കെ നോക്ക് പഠിക്കാൻ പറ്റൂ ഇല്ല പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൽ ബോധമുള്ള ആൾക്കാരെ ഉപദേശം തേടി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലാതെ നമ്മുടെ യുക്തി കൊണ്ട് ചെയ്യാൻ പാടില്ല എന്റെ കാര്യം തന്നെ പറയാം ഞാൻ എന്റെ നല്ല പ്രായത്തിൽ ആശ്രമത്തിലേക്ക് വന്നു പിന്നെ നേരെ വടക്കേണ്ടു പോയി സംസ്കൃതം പഠിച്ചു തർക്കം പഠിച്ചു വ്യാകരണം പഠിച്ചു അത് പഠിച്ചു ഇത് പഠിച്ചു തിരിച്ചു വന്നു ആശ്രമങ്ങളെ വന്നു ഇവിടെയല്ല അവിടെയൊക്കെ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമായി എനിക്കറിയില്ലായിരുന്നു വാസ്തവത്തിൽ നമ്മളൊരു കെട്ടിടം വഹിക്കണമെങ്കിൽ ആദ്യം അതിന്റെ പെർമിഷൻ എടുക്കണമെന്നുള്ള സാമാന്യ ബോധം എനിക്കില്ലായിരുന്നു എന്തുകൊണ്ട് ഏഹ് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് രണ്ടായിരം വർഷം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നു അപ്പോ പെർമിഷൻ വാങ്ങാതെ ഒരു ഘട്ടം കെട്ടുക എന്ന് പറയുന്നത് ഒരു എന്താണ് നിയമലംഘനമാണ് എന്തുകൊണ്ടത് ചെയ്തു എനിക്ക് അറിവില്ലാത്ത അപ്പോ ശരി എനിക്കറിവില്ല ഞാൻ പഠിച്ചില്ല പക്ഷെ സാമാന്യമായിട്ട് എന്ത് ചെയ്യണം അറിവുള്ള ആരോടും ചോദിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതും ചെയ്തില്ല കാരണം നമുക്കൊരു ധാരണയുണ്ട് എന്താണോ നമുക്കെല്ലാം അറിയാം ഈ തർക്കമൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നമുക്കെല്ലാം അറിവുണ്ട് നല്ല ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ബോധവും ഇപ്പോഴാണ് ഞാനങ്ങനെ ചെയ്തിട്ട് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചൊരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ ഗൂഗിളിൽ നോക്കിയാൽ മതി അത് പോരാ ഒരു കെട്ടിടം വഹിക്കുന്നതിന് എവിടെ നിന്നാണ് പെർമിഷൻ എടുക്കേണ്ടത് നൂറുകണക്കിന് ഉത്തരം കിട്ടും പ്രാഥമികമായി ആധികാരിമായി അറിവുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അതിൻ്റെ ഒരു വിദഗ്ധനെ കണ്ട് അവരോട് ചോദിച്ച് കാരണം അതിൽ പല അഭിപ്രായങ്ങളും വരും എന്തായാലും ഒരു സാമാന്യമായി ഞാൻ അവിടെ നിന്ന് കിട്ടും വിശേഷമായ അറിവിനെന്ത് വേണം നമ്മള് ഒരു എക്സ്പെർട്ടിനെ തന്നെ കണ്ട് ചോദിച്ച് അതിന്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പം നടപടിക്രമങ്ങളിലൂടെ പോകണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ആ നടപടിക്രമം പാലിക്കുക നടപടി ക്രമം പാലിക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത് നല്ല മനുസ്മൃതിയുടെ ധർമ്മമല്ല അതൊക്കെ നല്ല ഓടയിൽ കിളയേണ്ട സാധനങ്ങളാണ് ആ തോട്ടില് മനുസ്മൃതിയുടെ ധർമ്മത്തിൽ അപ്പൊ ഇത് ഉല്ലിക്കുന്നു ഞാനിതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമാണ് ഇന്ന് എനിക്കൊരാളൊരു വാർത്ത അയച്ചു തന്നു നമ്മുടെ ഒരു മഠാധിപതിയുടെ പേരില് മഠാധിപിയുടെ പേരിൽ കോടതി കേസ് ചാർജ് ചെയ്ത് ഒരു വാർത്ത വായിച്ചിട്ട് എനിക്ക് തോന്നിയാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് അറിവില്ല എന്തിനാണ് കേസ് ചാർജ് ചെയ്തത് കേസ് ഇതാണ് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റവന്യൂ ഭൂമിയിലെ തടിമുറിച്ച് തേക്കൻ തടി ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മഠാധിപതിയുടെ പേരിൽ കേസെടുത്ത അപ്പൊ അത് ഈ സ്വാമിമാർ എവിടെ ഇരുന്ന് ഭരിച്ചാലും അവിടെയൊക്കെ ശത്രുക്കൾ ഒരു പ്രതിപക്ഷം എവിടെ ഇരുന്നാലും കാണും ചുവരിയിരുന്നാലും കാണും പുറത്തിരുന്നാലും കാണും അതുകൊണ്ട് കൂടി എന്ത് ചെയ്യണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നിയമപരമായ എല്ലാ മുൻകരുതലും എടുത്തിട്ട് ചെയ്യാവും അപ്പോ അങ്ങനെ ഈ മഠാധിപതി പോയി തേക്ക് മുറിച്ച് തേക്ക് മുറിച്ചപ്പോൾ ആൾക്കാർ ഒന്നും തടഞ്ഞു പിന്നെ മുറിച്ചില്ല മുറിച്ചതിന് അവരെന്ത് ചെയ്തു കൊണ്ട് കേസ് കൊടുത്തു പോലീസ് അനങ്ങിയില്ല അവർ കോടതിക്ക് പോയി കോടതി പോലീസ് കോടതി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് മടാധിവതി എന്ത് പറയും അത് റവന്യൂ ഭൂമിയല്ല മടത്തിന്റെ ഭൂമിയാണ് അവിടെ നിന്ന് തേക്ക് മുറിച്ച് എന്ത്യാ മഠത്തിന്റെ ഭൂമിയിൽ നിന്ന് തേക്ക് മുറിക്കണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട് എന്താണ് ആദ്യം നമ്മള് നമ്മുടെ ഭൂമിയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരിന്ന് വാങ്ങണം തഹസീൽദാരിന്ന് വാങ്ങിയിട്ട് തേക്ക് ഈട്ടി ഇതുപോലുള്ള മരങ്ങള് എന്തുകൊണ്ട് മുറിക്കുന്നു എന്നുള്ള കാരണ സഹിതം മുറിക്കാൻ പെർമിഷൻ കിട്ടും റബ്ബർ ഉണ്ടെങ്കി മുറിക്കാം അടുത്തൊരു വീട് വയ്ക്കുകയാണെങ്കിൽ മുറിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഉള്ളു പൊള്ളുകയാണെങ്കി മുറിക്കാം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ട് ഇത് ശരിയായ രീതിയിൽ കാരണങ്ങൾ കാണിച്ച് ബന്ധപ്പെട്ട ഓഫീസർക്ക് അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങിയാൽ മുറിച്ച ആക്രമണമൊന്നും തടയാൻ പറ്റില്ല ആരെയും തടയാമെന്നാ ഇത് കാണിച്ചു കൊടുത്താൽ ഏതൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ധർമ്മത്തിന്റെ വഴി അതാണ് ധർമ്മം ഒരു പ്രശ്നവും ഇല്ലാരും പേടിക്കണം എത്ര ശത്രുക്കളുണ്ടെങ്കിലും ചെയ്യാം പക്ഷെ ആദ്യം തഹസീൽദാരിന്ന് എന്ത് വാങ്ങിക്കണം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അത് നമ്മുടെ ഭൂമിയാണെങ്കിലേ കിട്ടത്തും റവന്യൂ ഭൂമിയാണെങ്കിൽ തഹസീൽദാർ തരത്തില്ല അപ്പം അവിടെ ഒരു പ്രശ്നം വരും ഇതൊക്കെ നടപടിക്രമം അപ്പൊ നടപടിക്രമം പാലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വടക്കേന്ത്യയിൽ ഇങ്ങനെയുണ്ട് പല സ്റ്റേറ്റുകളിലും പാഴ് മരം മുറിക്കണം സർക്കാരിന്റെ പെർമിഷൻ വേണം നമ്മളിവിടെ അത് വേണ്ട പാഴ്മരങ്ങളൊക്കെ നമുക്ക് ഞാൻ വടക്കേന്ത്യയിലൊക്കെ പലയിടത്തും യു പിയിലൊക്കെ പുതിയ വയലന്റൊക്കെ നടക്കുക വലിയ മരങ്ങള് ചുറ്റും കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ അവരോട് വിളിച്ച് ഈ മദ്യ മരങ്ങൾ പാഴ് മരങ്ങൾ ഇത് മുറിച്ചുകൂടെ അതുപോലെ ഇത് സർക്കാരിന്റെ പെർമിഷൻ വേണം പക്ഷെ സർക്കാർ പെർമിഷൻ തരീട്ടില്ല അപ്പൊ വയന്റെ നിർഗായനം അതിനൊക്കെ മുറിക്കാൻ പറ്റത്തില്ല എടുപ്പിന്റെ അത്ര ഇത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെർമിഷൻ കിട്ടും അപ്പൊ ഇതിനെ നമ്മൾ അറിഞ്ഞിരിക്കണോന്നൊന്നുമില്ല പക്ഷെ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം തരാൻ പറ്റിയ ഉപദേശകന്മാര് വേണം ഇപ്പോ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് ഇവിടുത്തെ നിയമങ്ങളെ സംബന്ധിച്ച് ഒക്കെ സന്യാസിമാർക്ക് ഭരണത്തിന് ഉപദേശം കൊടുക്കത്തക്ക നല്ല എന്താണ് ചുരുങ്ങിയ പക്ഷെ ശിവേരില്ലെങ്കിലും ഒരു റിട്ടയേർഡ് ഐ എ എസ് ഓഫീസറെ ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും ഭൂമിയും ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ധാർമികമായി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഒരാള് അവിടെ ഇരിക്കും എന്റെ മാനേജറായിട്ട് ഈ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല ഇംഗ്ലീഷിലൊരു കത്ത് ഒന്നും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഭരണാധികാരികൾ ഇരുന്നുകൊണ്ട് അത്രയും പോലും വിവരമില്ലാത്ത ഉദയ സഹായി വെച്ച് കാര്യങ്ങൾ നടത്തിയ ഇതിലും ഇതിലും വലിയ കുരുക്കുകളിലും ചെന്നിച്ചാണ് എന്റെ അഭിപ്രായം ഞാൻ പറയാ അത് കാരണം എന്താണ് ഈ സ്വാമിമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവർക്കൊരു ധാരണയുണ്ട് നമ്മുടെ സ്വാമിമാർക്കുള്ള കാരണമുണ്ട് രാഷ്ട്രീയമായി വലിയ പിടിപാടാണ് മനസ്സിലായത് എല്ലാവർക്കും ഈതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സേവകന്മാരായിരിക്കും ഇവരെല്ലാവരും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരുടെ സ്വാധീനം കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാം അവരെ രക്ഷിക്കും രാഷ്ട്രീയ യമാനന്മാരെ രക്ഷിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട് ഇത് കുറെയൊക്കെ ശരിയാണ് ക്ഷിക്കും പക്ഷെ സംഗതി കോടതിയിൽ പോയാ അവിടെ ചെറുപ്പം രക്ഷിക്കാൻ വന്നെന്നു വരില്ല പിന്നെ അതിന്റെ വെറുകയെ നടക്കുന്നു ചിലപ്പോ കേസൊക്കെ തെളിപ്പുമായിരിക്കും ശരി കോടതിയിൽ പോയി ആ ഭൂമി റവന്യൂ ഭൂമി അല്ല നമ്മുടെ ഭൂമിയാണെന്നൊക്കെ തെളിയിക്കാൻ പറ്റിയ കേസ് പോകും പക്ഷെ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നു ഈ ഭരിക്കുന്നവരുടെ ഊർജവും പണവും എല്ലാം കോടതി വ്യവഹാരത്തിന് ചെലവാക്കേണ്ടി അപ്പൊ നല്ല ഒരു എന്താണ് ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല കോടതിയിൽ എത്ര എത്ര ലക്ഷമായി ചെലവാക്കുന്നു ഓരോരോ കേസുകൾ ഇതൊക്കെ പൊതുജനങ്ങളുടെ സംഭാവന കൊടുക്കുന്ന പണം എടുത്തിട്ട് മിസ്മാനേജ്മെന്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞു തീരട്ടെ മിസ്മാനേജ്മെന്റ് ആണ് കാരണം അത് ചെലവാക്കേണ്ട രീതിയിൽ ചെലവാക്കി കഴിഞ്ഞാൽ ഒരാളെ വച്ച് എനിക്ക് തോന്നുന്നത് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റർ വലിയ കാശൊന്നും കൊടുക്കാതെ ഒരു ഭക്തി ഉള്ളവർ വരും ഞാൻ പറയിട്ടു ഇടക്ക് പറയട്ടു ഇത് ഞാൻ ഇതെന്റെ വിഷയം ഞാൻ ജോ ജോ മണ്ഡത്തിന് വേണ്ടി പറഞ്ഞു ഇനി ഞാൻ പറയിട്ടു എന്ത് ചെയ്യണം അങ്ങനെ ഒരാളെ വെച്ചു കഴിഞ്ഞാൽ ഈ കോളേജ് ചെലവുകൾ ഇതൊക്കെ ലാഭിക്കും ഒരുപാട് പൈസ അങ്ങനെ ലാഭിക്കാൻ പറ്റും അപ്പോൾ കാരണം പരിചയമുള്ളവർ അങ്ങനെ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്ററായി ഇരുന്നിട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ കാര്യം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറെ ഈ പറയുന്ന കോടതി വ്യവഹാരങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ ഒരു കോടതി പോയി സംഗതി പോലീസ് കേസെടുത്തില്ല എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പക്ഷെ കോടതി എങ്ങനെയല്ല ഇനി ഇതിന്റെ പിറകെ വക്കീലന്മാരെയും വെച്ച് എവരുടെ എത്ര കാലം കേറി ഇറങ്ങി നടക്കണം അതേസമയം അതിന് മുമ്പ് ഒരു വക്കീലിനോട് ഉപദേശം ചോദിച്ചിരുന്നെങ്കിലോ അതിനെന്ത് ചിലവ് വരുമായിരുന്നു ഇനിയിപ്പെത്ര പൈസ ചിലവാന്നു ഇതെന്തുകൊണ്ട് ഒന്നറിവില്ലായിരുന്നു ഒന്നറിവില്ലായ്മ രണ്ടാമതെല്ലാം അറിയാവുന്ന ഒരു തോന്നൽ അങ്ങനെയുണ്ട് നമുക്കെല്ലാം അറിയാം നമുക്ക് സിവിലും ക്രിമിനലുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിയാം ഏത് വക്കീലിനെക്കാളും നല്ല അറിവുണ്ട് ഇങ്ങനെ ധരിക്കുന്ന പല സ്വാമിമാരും കൂടെ ഉണ്ട് സിവിൽ ആയിക്കോട്ടെ ക്രിമിനൽ ആയിക്കോട്ടെ ഞങ്ങൾ കൈകാര്യം ചെയ്തേയുള്ളൂ എന്ന് ധരിക്കുന്ന സ്വാമിമാരും കൂടെ ഉണ്ട് നിങ്ങളെപ്പോലെയുള്ള ഭരണസമിതിയിലുണ്ട് അത് നമ്മൾ അതിൻ്റെ എക്സ്പെർട്ടുകളെ വച്ച് നമുക്ക് സാമാന്യ പേരെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും പക്ഷെ അതുപോലെ സ്വാമി പറഞ്ഞു ശരിയാ അപ്പോ ഒന്നിതാണ് റിവില്ലായ്മ രണ്ടാമത് ഇതുമൊക്കെ അറിയാവുന്ന ഒരു തോന്നലും മൂന്നാമത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവിടെ ഈ പരിപാടികളെ കാണത്തുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ച് അവരെവിടെയെതി ഫോട്ടോ എടുത്ത് പിന്നെ അവരൊക്കെ നമ്മുടെ പോക്കറ്റിലാണെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നലും പക്ഷെ കോടതിയിൽ പോകുമ്പോഴേറ്റവും വലിയ ഉദാഹരണമാണ് ഇത് പഠിക്കേണ്ട കാര്യമാണ് ഇപ്പം ബാബ രാംദേവ് ബാബാ രാംദേവ് അർജുൻ മോഡിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഞാനാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പോക്കറ്റിലാണ് ഈ ഭയങ്കരമായ അഹങ്കാരത്തിലാണ് വർത്തമാനം പറയുന്നത് പ്രസംഗം മുഴുവൻ അങ്ങേറ്റവും അഹങ്കാരത്തിലാണ് എനിക്ക് എന്താ അറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല താനന്തൊരു ഭയങ്കര അവതാരമാണ് സംഭവമാണ് എന്നിട്ടെന്ത് ചെയ്തു മോഡേൺ മെഡിസിനൊക്കെ ആളെ കൊല്ലുന്നാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു അങ്ങനെ പാടില്ല പക്ഷെ പാടില്ല എന്ന് ഇയാൾക്കറിയത്തില്ല ഇയാൾക്ക് അതിനെ കുറിച്ച് ബോധമില്ല ഇയാൾ കയറിയെങ്കിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കോടതി പറഞ്ഞു ഈ പറഞ്ഞൊക്കെ തെറ്റാണ് പിന്മലിക്കണമെന്ന് ഇയാൾ കേട്ടില്ല ഇയാൾ വിചാരിച്ചെന്താണ് മോഡി പോക്കറ്റില്ലേ പിന്നെ എന്ത് വേണം ഏത് കോടതി ഏത് പോലീസ് ആ കോടതിയൊക്കെ ചില വിലക്കെടുത്തു അത് വേറെ കാര്യം എപ്പോഴും നടക്കത്തില്ല ഇതെന്ത് തോന്നുന്നു ഇതിന് ചൂട് ഇരിക്കാത്തത് കൊണ്ടാ ഇത് പിടിച്ചു നോക്കിയപ്പോ അറിഞ്ഞില്ല ഏ ഇതിനൊന്നും ആ അത് ഫ്ലാസ്കല്ല ഫ്ലാസ്കാണെങ്കിൽ ചൂട് വരുത്തും അതിന് തെർമൽ റേഡിയേഷൻ എന്ന് പറയാൻ പാടില്ല അകത്തി അപ്പൊ എന്ത് ചെയ്തത് നമുക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ചും സാമാന്യമായ അറിവ് വേണം അത് ശെരിയാണ് പക്ഷെ എല്ലാ വിഷയത്തെ കുറിച്ചും നമുക്കൊരു സാമാന്യമായ അറിവ് ഉണ്ടായിരിക്കുന്ന എന്താണ് അതിന്റെ കോമൺ സെൻസ് എന്ന് വരും അത് വേണം പക്ഷെ പല കാര്യങ്ങളിലും നമുക്ക് എന്ത് വേണം പല കാര്യങ്ങളിലും നമുക്ക് സ്പെഷ്യൽ സെൻസ് എന്നുവെച്ചാൽ വിശേഷമായ ജ്ഞാനം വേണം അത് നമുക്കുണ്ടാക്കാൻ പറ്റില്ല എന്റെ നല്ല പ്രായത്തിൽ ഞാൻ തർക്കം പഠിക്കാനും വേദാന്തം പഠിക്കാനും ഇനി എനിക്ക് നിയമം പഠിക്കാൻ നടക്കുന്ന കാര്യം അപ്പം അതിനൊരു എക്സ്പെർട്ടിന്റെ ഉപദേശം വേണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അധർമ്മമാണ് എന്താണ് നമ്മൾ നിയമത്തെ ലംഘിക്കുന്നോ അവിടെ നമ്മൾ അധർമ്മം ചെയ്യുന്നു അധർമ്മവും ആത്മീയതയും കൂടെ ഒരുമിച്ച് പോകത്തില്ല ഇവിടെ പലരും ധരിച്ചിരിക്കുന്നതാണ് അധർമ്മവും ആത്മീയതയും കൂടെ ഒരുമിച്ച് പോകുന്നു എല്ലാ നിയമലംഘനങ്ങളും അധർമ്മമാണ് എല്ലാ നിയമലംഘനങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബ്ലാക്ക് മണി ആൾക്കാർന്ന് വാങ്ങുന്നതും അത് ചെലവാക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിയമലംഘനമാണ് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കരുത് ആത്മീയതയോണ്ട് ചേരുന്ന കാര്യ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നിലവിൽ പണ്ടു അങ്ങനെ ആയിരുന്നു മനുസ്മൃതിയുടെ കാലത്ത് മനുസ്മൃതിയിൽ എഴുതിവെച്ച നിയമങ്ങൾ ലംഘിക്കുന്നതാണ് അതർ ചെയ്യരുതെന്നൊരു കാര്യം ചെയ്യുന്നതാണ് അതർ ഇന്ന് അതരുടെ നിയമം ഇന്ന് നമ്മുടെ ഭരണഘടനയാണ് നിയമം അതിലെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് നമുക്ക് പറ്റില്ല കാരണം നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിവില്ല നമ്മൾ പത്താം ക്ലാസ് ഫസ്റ്റിയും കൊണ്ട് ഈ പണിക്കിറങ്ങിയാണ് അപ്പോ അത്രയ്ക്കുള്ള അറിവേ ഉണ്ടാവും അപ്പോൾ അറിവുള്ളവരെ വെച്ചിട്ട് എന്ത് ചെയ്യണം നല്ല അറിവുള്ള ആൾക്കാരെ വെച്ച് അവരുടെ അപ്പോ ഈ സ്വാമിമാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്വാമിയുടെ ജോലി നിങ്ങൾ എന്തുകൊണ്ട് നല്ല അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കുന്നില്ല വെച്ച അവരുടെ ഉപദേശം നമ്മൾ കേൾക്കേണ്ടി കാരണം ഈ സ്വാമി എന്ന് പറയുന്ന നാട്ടുകാർ മൂലം ഉപദേശിച്ച നടക്കുകയാണ് അപ്പം വേറെ ആളുടെ ഉപദേശം കേൾക്കുന്നത് ഇയാൾക്ക് നാണക്കേടാണ് അപ്പൊ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളുടെ മറ്റുള്ളവർ ഉപദേശം കേൾക്കണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാം കുഴപ്പമൊന്നും അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മുടെ അറിവെന്ന് പറയുന്നത് സീറോ ആണ് പിന്നെ നമ്മൾ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിലും നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ടാണ് യുക്തി കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് സ്പെഷ്യൽ സെൻസ് വേണം പ്രത്യേകമായ അറിവ് വേണം ഇപ്പൊ തന്നെ ഇവിടെ പല നിയമ ലംഘനങ്ങളും നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിന്റെ ശത്രു ഒന്ന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടിലായി ആയോ ഇല്ല ആയോ പിന്നെ അതിൻ്റെ പുറകെ പണവും ചെലവാക്കി കോളേജ് ചെലവിനും നടക്കും അതിന് പോലെ ഒരാളെ വെച്ചുകഴിഞ്ഞ സ്വാമിമാർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി പണ്ട് ഒരു ഞാനിവിടെ വരുന്ന ഇവിടെ സെക്രട്ടേറിയറ്റിലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥ ഇരുന്ന ഒരാളും കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ വെച്ചു അപ്പോ ഇവിടുത്തെ ഈ പത്താം ക്ലാസ് ഗുസ്തി സ്വാമി എടുത്ത് സ്വാമി ആ കാര്യം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതാണ് എന്റെ നിയമവശതെന്ന് പറഞ്ഞാൽ സ്വാമി തിരിച്ചു പറയും ഞാൻ പറയുന്നോ ഇയാളിൽ ചെയ്താൽ മതി എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഇവിടെ എനിക്കുണ്ടാവുന്നു ഞാനൊന്നും ഇവിടെ അല്ല എനിക്ക് സൂര്യമായിട്ടൊരു ബന്ധവുമില്ല എന്നാലും ഒരാൾ മുഖാന്തര അയാൾ എന്നെ ബന്ധപ്പെട്ട് ആ വ്യക്തി എന്നെ ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് സ്ഥിതി സൂര്യയിലെ സ്ഥിതി അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്വാമിമാർ പറയും അങ്ങനെയല്ല ഞങ്ങൾ പറയും പോലെ കേട്ടാൽ മതി ഞങ്ങൾ പറയുന്ന പോലെ കേട്ടില്ല എനിക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അയാളൊരു എന്താണ് അറിവുള്ള ആളും ഹൃദയഭക്തനുമാണ് അയാൾ വിട്ടുപോയി ഞാൻ പറഞ്ഞു എനിക്കതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അതിനൊന്നും ഇടപെടുന്ന ആളല്ല നിങ്ങൾ ധരിക്കും പോലെയല്ല ആൾക്കാർ ധരിക്കുന്നത് ഞാനൊരു റിമോട്ട് കണ്ട്രോളെന്നാണ് എനിക്കൊരു കണ്ട്രോളും ഇല്ല വെറുതെ പറഞ്ഞു വരത്തിയ കാര്യങ്ങളാണ് ഒരു വാസ്തവില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു വരത്തി ഒന്നാണ് അതുകൊണ്ട് എന്നെ വിളിച്ച് ഇതിന് പരിഹാരം കാണാമെന്ന് വിചാരിക്കരുത് ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഇരുന്നത് പറയുന്നു അല്ലെങ്കിൽ ഞാനത് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്തോ കഷ്ടകാലത്തിൽ തന്നെ ഇവരുടെ ഞങ്ങൾ പോയി കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നു അപ്പോ അയാൾ പോയി കളഞ്ഞിട്ട് പോയി എന്തുകൊണ്ട് നമുക്കെല്ലാം അറിയാം നമ്മൾ ഉപദേശിക്കാറില്ല ആരുടെ ഉപദേശം നമ്മള് കേൾക്കാനാണ് എന്നുള്ള ഒരു ഭാവം എന്നാൽ ഈ പറയുന്നവര് ഇവരുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ ഉപദേശം കേൾക്കും ഇവർ കേക്ക് രാഷ്ട്രീയ ഗുരുക്കന്മാരുണ്ട് നാരായണ ഗുരു അല്ല ഇവരുടെ ഗുരു അവര് പറയുന്നേക്ക് ഇവർ മറിച്ച് എന്താണ് രാംദേവിനെന്ത് വെച്ചു രാംദേവ് കോടതി പറഞ്ഞപ്പോ അവഗണിച്ചു ആദ്യമര്യാദ കോടതി പറഞ്ഞു ഇന്ന ചെയ്യ അവസാനം കോടതി ഇയാളെ വിളിച്ച് കോടതി വിളിച്ചു വരുത്തി പ്രതി കൂട്ടി നിർത്തിക്കൊണ്ട് മൂക്കൊണ്ട് ക്ഷാന്ന് വരപ്പിച്ചു അല്ലെങ്കിൽ അയാളുടെ കമ്പനി കൂട്ടേണ്ടി വരും ക്ഷാന്ന് വരപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മുഴുവൻ പറയണമെങ്കിൽ ഒരു സമയം രാംദേവനെ കൊണ്ട് എന്തൊക്കെയാണ് സുപ്രീം കോടതി ജയിപ്പിച്ചത് അയാൾ കൊടുത്ത പരസ്യം ക്ഷമ അതിന്റെ അക്ഷരം ചെറുതായെന്നും പറഞ്ഞ് വലുതാക്കി കൊടുക്കാൻ പറഞ്ഞു ഇത് സാധാരണങ്ങള് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ പത്രത്തി കൊടുക്കുമ്പോ ചെറിയ ഒരു പരസ്യം കൊടുക്കും വിവാഹ പരസ്യം പോലും ചെറിയ ഒരു കാലത്ത് അതുപോലെ ആളൊരു പരസ്യം കൊടുത്ത് ക്ഷമയായിരിക്കുന്നു സുപ്രീം കോടതി മറ്റൊരു ഫ്രണ്ട് പേജില് വലിയ അക്ഷരത്തിൽ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇന്ത്യയിലെ പ്രധാന എല്ലാ ഡെയിലികളിലും അയാളുടെ ക്ഷമ ചോദിച്ചു എന്താണ് വലിയ അക്ഷരത്തിൽ കൊടുത്ത് ഞാൻ എത്ര രൂപ ചെലവാകി എന്ന് പറയുന്ന കോടതി പോയിട്ടില്ല അവസാനം ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് അയാൾ പത്ത് പതിനാല് മരുന്നുകളുടെ ലൈസൻസ് ക്യാൻസലാക്കി അതെല്ലാം വ്യാജ മരുന്നുകളായി എന്തുകൊണ്ട് നിയമം ലംഘിച്ചാലും അധികാരങ്ങളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോടതി ഇതൊക്കെ കുറെ കാലം പിടിച്ച് ഇന്ന് പോയി ചെയ്തു വയ്ക്കുന്നത് ഇന്ന് ഭരിക്കുന്നവരായിരിക്കില്ല നാളെ ഇവിടെ ഭരിക്കാൻ വരുന്നവനായിരിക്കും ഇതിനൊക്കെ സമാനം പറയേണ്ടി വരുന്നത് ഇന്ന് ഇത് എന്റെ ഈ കോടതി മേടിപ്പോയി അതിന്റെ അപ്പോഴത്തേക്ക് ചിലപ്പോ ഈ ചെയ്തവന്റെ കാലം കഴിയും എന്താണ് ശാജിഹാനു സ്വാമിയുടെ പേരിൽ ശാജിഹാനു സ്വാമി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയപ്പോഴത്തേക്ക് സ്വാമി ഗഹരോകവാസം പഠിഞ്ഞിരുന്നു അതുകൊണ്ട് മാത്രം എന്തെങ്കിലും പിന്നെ എന്തു ചെയ്തിന് അടുത്ത ശിക്ഷ ഒന്നും ആളില്ല ശിക്ഷയൊന്നൊരു പോയി അപ്പൊ ഇതുപോലെയുള്ള ഓരോ കാര്യം നമ്മള് കേവലം ഈ രാഷ്ട്രീയ സ്വാധീനത്തിൽ അമിതമായി വിശ്വസിക്കുകയും അതിന്റെ പേരിൽ നിയമലംഘനങ്ങൾ തുടർച്ചയായി നടത്തി എന്നിട്ട് ശ്രീനാരായണ ധർമ്മം എന്നും പറഞ്ഞ് മനുസ്മൃതി പ്രസംഗിച്ചുകൊണ്ട് കിടക്കുകയും ചെയ്തു കഴിഞ്ഞ കാര്യം ഈ കാലത്ത് നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല മനസ്സിലായ അതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ മുമ്പ് വെച്ചുകൊണ്ട് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടുത്തെ സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ധർമ്മം ഇന്നത്തെ ശ്രീനാരായണ ധർമ്മം ഇന്നത്തെ ധർമ്മം അതാണ് അപ്പോ നിയമലംഘനങ്ങൾ ചെയ്യാൻ പോകരുത് ചിലപ്പോൾ നമ്മൾ കോടതിയിൽ പോയി നമ്മുടെ പണമൊക്കെ ചിലവാക്കി നമ്മൾ രക്ഷപ്പെട്ടെന്ന് വരും പക്ഷെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച ഒരാൾ അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടില്ലല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല അപ്പോ ബ്രിട്ടനില് ഒരു ഇന്ത്യക്കാര് സ്ത്രീയെ ഒരു വലിയ ബാങ്ക് വ്യവസ്ഥയെ ഈ അടുത്ത വർഷം വന്ന വാർത്ത പന്ത്രണ്ട് വർഷം ജയിലിൽ ഇട്ടു ഇത്രയും വലിയ നിയമസംവിധാനങ്ങളൊക്കെയുള്ള രാജ്യത്ത് എന്തിനാണ് അവര് ബാങ്ക് ഫ്രോഡ് ചെയ്തതെന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടെത്തിയ എന്താണ് അവര് നിരപരാധിയാണ് കമ്പ്യൂട്ടറിന് പെച്ചുപയറ്റിയാണ് ഇവരുടെ പേരിൽ പന്ത്രണ്ട് വർഷം ഈ സ്ത്രീ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇപ്പൊ തെറ്റ് ചെയ്യാത്ത ഒരാൾ പോലും എന്തുവരാം ശിക്ഷിക്കപ്പെടാം ഇവിടെയും അങ്ങനെ ഈ അടുത്ത കാലത്താണ് ഒരാളെ ജയിലിൽ നിന്നും ഇറങ്ങി വിട്ടത് ഒന്നൊന്നും പറഞ്ഞയാളെ പിടി ജയിലെ കാരണം ഒരു കേസ് ഒരുപാട് ചർച്ച ചെയ്തത് ആളുകൾ ഒന്നും ചെയ്തിട്ടില്ല പ്പോ തെറ്റ് ചെയ്യാതെ പോലും ഒരാളെ കുറ്റം ആരോപിക്കാം അയാളെ ജയിലിലിടാം അങ്ങനെയൊക്കെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് അത് ഈ നിയമപാലകരുടെയും ന്യായാധിപന്മാരുടെയൊക്കെ അശ്രദ്ധയോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ലക്ഷ്യമോണ്ടൊക്കെ അതൊക്കെ സംഭവിക്കണം പിന്നെ നിയമത്തെ തന്നെ ലംഘിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നതും നിയമ ലംഘനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ആത്മീയനായി ജീവിക്കാൻ പറ്റില്ല രണ്ടുമൊന്നാണ് ധർമ്മം എന്ന് പറയുന്നതാണ് നിങ്ങൾ പറയും എന്താണ് അത് കുറെയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും ഇല്ലേ നമുക്ക് ഇതൊക്കെ സ്ഥാപനവും കൊണ്ടുപോകണമെങ്കിൽ കുറെ കള്ളത്തരങ്ങൾ ചെയ്യും അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് കള്ളത്തരങ്ങളൊക്കെ നടത്തി നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ കൂടെ ഏറ്റുവാങ്ങാൻ തയ്യാറാവും നിയമവിധേയമായി നിങ്ങൾ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാവും നിങ്ങൾ ധാർമ്മികനാകും മനസ്സിലായോ നിങ്ങൾ കള്ളത്തരം ചെയ്യാം അങ്ങനെ ചെയ്യണം ചെയ്താലേ ഇത് മുമ്പോട്ട് പോകൂ എന്ന് കരുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ ചെയ്യുന്ന കള്ളത്തരങ്ങളുടെ ചിക്ഷ ഏറ്റവും അംഗരാണ് അതിനാണ് ധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ് നാടുകളെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ധർമ്മമാകത്തിൽ മനുസ്മൃതി പ്രസംഗിച്ചെന്ന് പറഞ്ഞിന്ന് ധർമ്മമാവത്തു അതായത് മനുസ്മൃതി രാമായണം മഹാഭാരതം പുരാണങ്ങൾ വേദം ഇതിലൊന്നും പറയുന്ന ധർമ്മങ്ങൾ ഇന്ന് ധർമ്മമേ അല്ല ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്നത്തെ നിയമം അനുശാസിക്കുന്നത് എന്തോ അത് ധർമ്മം അവിടെ നിഷേധിക്കുന്നെന്തോ അതാ ധർമ്മം അതെല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ വിഷയങ്ങളും ഉണ്ട് ആ ധർമ്മത്തെക്കുറിച്ച് എല്ലാം നമ്മൾ അറിയണമെന്നില്ല എല്ലാ നിയമവും അറിഞ്ഞൊരാൾക്ക് ജീവിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മളൊരു രംഗത്ത് ഇടപെടുമ്പോൾ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് ഇതിന്റെ നിയമവശം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് അയച്ചു തന്ന എന്താണ് ന്യൂസ് ഒരാൾ നയിച്ചു തന്നാണ് രാത്രയും പറയാൻ കാരണം നമ്മുടെ മഠാധിപതിയുടെ വലിയ ഫോട്ടോ നല്ല ഫോട്ടോ എന്താണ് എന്താണ് നമ്മുടെ ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്തതാ കളർഫുള്ളായ ഫോട്ടോയും അതിന്റെ താഴെ എന്താണ് മഠാധിപതി തേക്കും സർക്കാർ ഭൂമിയിൽ എന്താണ് മുറിച്ചു ഇതിന്റെ സത്യം എന്താണ് ഇതിന്റെ അസത്യം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും ഒന്നും മനസ്സിലാവത്തില്ല എനിക്കറിയില്ല അത് ചിലപ്പോൾ മഠത്തിന്റെ ഭൂമിയായിരിക്കും റവന്യൂ ഭൂമി ആയിരിക്കില്ല അതിന്റെ സത്യം എന്തെന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ പെർമിഷൻ വാങ്ങിച്ചായിരിക്കും മുറിച്ചത് അല്ലായിരിക്കുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ ന്യൂസ് കണ്ടിട്ട് പറയുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയാണ് അപ്പോ അതൊരു എന്തായാലും ഈ തടി മുറിച്ചു എന്നുള്ള വാസ്തവാണ് അത് ഏ മുറിച്ചു അപ്പോ അത് മുറിക്കണമെങ്കിൽ അതൊരു വിവാദമാക്കാതെ മുറിക്കാമല്ലോ ഏ ആ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ പഠിക്കണം വിരമത് പഠിപ്പിച്ചിട്ടുണ്ട് അതിനിവിടെ ഒരാൾ വേണം നല്ല എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് വേണം വിവരമുള്ള ഒരാളിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെ ചോദിക്കുന്ന ഇതിലെന്തെങ്കിലും ഏക്കറിവില്ല ഇനി പറയുക അത് വേറെ വരാ അതിവിടത്തെ പൊളിറ്റിക്സ് അതൊന്നും പറയേണ്ട കാര്യമില്ല അതൊന്നും ഇവിടെ പറയണ്ട ഇവിടുത്തെ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കകത്തുള്ള പൊളിറ്റിക്സ് പറയണ്ട ഞാൻ പറയുന്ന വിഷയം വേറെയാണ് അത് പറയണ്ടെന്ന് പറഞ്ഞില്ലേ ആ കാര്യമൊന്നും പറയണ്ട അതൊന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ അകത്തുള്ള പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നു അത് നിങ്ങൾ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളതല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് എന്താണ് പൊതു നിയമം നമുക്ക് എല്ലാവർക്കും ബോധമുണ്ടായിരിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ല നിങ്ങൾ ആരകത്തായി ആര് പുറത്തായി ആര് ശരി ആര് തെറ്റ് ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നു അതും ഇവിടെ എന്നോട് പറയണ്ട ആ കാര്യമേ പറയണ്ട ഞാൻ പൊളിറ്റിക്സ് ആണെങ്കിൽ പറയരുത് പ്രധാന പണം പറഞ്ഞിട്ടുണ്ട് മണത്തിന്റെ പ്രസ്ഥാനം സെക്രട്ടറി പ്രസിഡന്റ് മുമ്പ് വെച്ച് ഒരു പ്രസ്ഥാനായിട്ടുണ്ട് ഇവിടുത്തെ ഒരു അംഗത്തിന് കവി ചക്രത്തിലേക്ക് വേണ്ടി ലക്ഷ്മി ആശുപത്രിയിൽ ചികിത്സ ഈ ഇരുപത്തിയേഴാം പനിടാണല്ലോ അനേറ്റൊടുക്കുന്നത് പോസിറ്റീവാണ് എല്ലാവരുടെ അവര് പിന്നെ പത്രത്തിലും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും കൊടുത്ത് പണം വീക്ഷിക്കുന്നു അപ്പം പലരും ശേഷങ്ങളിൽ അത്ര ആദ്യമുള്ളൂ എന്തുകൊണ്ടും അത് ചെയ്തില്ല സെക്രട്ടേറിയറ്റ് പ്രസിഡന്റ് ശീലങ്ങളുടെ ഒക്കെ പോയിരിക്കും എന്താണ് അപ്പൊ അതിന് സുഖോത്തരകമായിട്ടാണ് ഈ പ്രധാനിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് പ്രസിഡന്റ് മടത്തിന് പ്രധാനമായിട്ട് ടീച്ചർക്ക് ശിക്ഷ കൊടുക്കുന്നത് അപ്പൊ അത് അർത്ഥസത്യമായിട്ടാണ് പ്രത്യേകത പ്രത്യേകിച്ച് ഉം വന്നു പുതിയ പുതിയ തന്നെ ആദ്യം ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയി പിന്നെ പുതിയ ആരോട് പറയാതന്നെ രക്ഷ കുട്ടികൾ ഞാൻ സാധനങ്ങളിൽ ഡോക്ടറുകളൊക്കെ പറഞ്ഞ് സാധ്യതയില്ല അവസ്ഥയാണ് എന്താണ് ഇവിടെ വന്നാൽ പറഞ്ഞു തോന്നുന്നുള്ളൂ അല്ല എന്താ സോണ്ടോ മ്ം ആവും ആള് ഇതിനൊന്ന് നോർമൽസ് ഒക്കെ പിടിച്ച കേസുകളാണ് അതൊന്നും നമുക്ക് അങ്ങനെയാണ് ഈ പറഞ്ഞ ആളി തന്നെയാണ് പറഞ്ഞത് ഏതോ പച്ചമരുന്ന് കൊടുത്ത് കുട്ടിയുടെ എല്ലാ അസുഖവും മാറി എന്നോട് പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത് പിന്നെ അത് നമ്മൾ ചർച്ച ചെയ്യണ്ട പിന്നെ അത് നമ്മൾ ചർച്ച ചെയ്യണ്ട എന്തുകൊണ്ടത് ഒന്നാമത് അതിപ്പോ അങ്ങനെ ഒരു ധർമ്മസംഘത്തിന്റെ ഒരംഗത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും കൂടെ തീരുമാനിച്ചു ോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ യോഗ്യമായ ചികിത്സ ചെയ്യണം ആ ആളതിന് വിധേയനാകുന്നെങ്കിൽ അയാൾ അതിന് വിധേയനാകുന്നെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അത് വേറെ വിഷയം അതും ഇതുമായിട്ട് ബന്ധമാണ് അതൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് അതിന് സ്വാമിമാരുണ്ട് അധികാരം എന്താണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ട് അവരെല്ലാവരും കൂടെ ആലോചിച്ച് അവരുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പണം കൊടുക്കണോ ചികിത്സിക്കണോ ചികിത്സിക്കേണ്ടേ പിന്നെ ഇങ്ങനെ ലിവർ സീറോസിസ് ആയ ഒരാൾ എന്തിനും പച്ചമരുന്ന് കഴിക്കാൻ പോയി അപ്പോഴേ ഞാൻ പറഞ്ഞു ലിവർ സീറോസിസ് പച്ചമരുന്നു കൊണ്ട് മാറുന്നതല്ല പച്ചമരുന്ന് കഴിച്ചാൽ ആൾ ചാകും ലിവർ സീറോസിസ് പോയിട്ട് പച്ചമരുന്ന് കഴിച്ച ചാകും പിന്നെ രക്ഷപ്പെടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തിനു പോകണോ അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരണ്ട് പറ്റില്ല കാരണം പച്ചമരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് കൊടുക്കുന്നവർക്കൊന്നും അറിയത്തില്ല ചില പാരമ്പര്യമായത് വെച്ച് കൊടുക്കുകയാണ് അതൊന്നും ഇങ്ങനെ ക്രോണിക്കായ ഒരു ഡിസീസിനോ പറ്റത്തില്ല അത് ശരിയായ മരുന്ന് കൊടുക്കണം അപ്പോൾ ആ ശരിയായ ചെയ്യേണ്ട സ്ഥാനത്ത് എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം പോയി പച്ചമരുന്ന് കഴിച്ചെങ്കിൽ അതുകൊണ്ട് തന്നെ മനുഷ്യൻ അപകടത്തിലാവും ചെയ്യാൻ പാടില്ലാത്ത അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഒരു കാരണവശാലും മോഡേൺ മെഡിസിൻ അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ക്രോണിക് ഡിസീസിന് ഒന്നിനും ഒരാളും പോകരുത് ആയുർവേദം പോലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിലും വേറെ ഒരു ചികിത്സയും സാധ്യമല്ല എന്ന് അവരെല്ലാം തന്നെ പറയും ഹോമിയോക്കാരും പറയും ആയുർവേദക്കാരും പറയും ഞങ്ങൾക്ക് അങ്ങനെ എമർജൻസി സിറ്റുവേഷനിലും ഒരു മരുന്നും ഇല്ല അപ്പോൾ ഇത്രയും എന്താണ് ലിവറൊക്കെ കേടായി ഒരാൾ പോയി പച്ചമരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങേര് ജീവിച്ചിരുന്ന ഭാഗ്യം ഒന്നേ പറയാൻ പറ്റും അങ്ങേടെ ഭാഗ്യം കാരണം അങ്ങനെയുള്ള ഒരു സന്ദർഭം ഒരാൾ മരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞു പച്ചമരുന്ന് കഴിച്ചു എല്ലാം സുഖമായി ഇങ്ങനെ അമ്പംപടരാവണ എന്ത് കേട്ടാലോ അതൊക്കെയാണെന്തോ പരമസത്യമാണെന്നും പറഞ്ഞ് അതിന്റെ പുറകെ പോകുക ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ബോധമില്ലാന്ന് പറഞ്ഞ മോഡേൺ ചികിത്സ തന്നെ ചെയ്യണം എമർജൻസി ആയി വരുന്ന ഒരു കേസിനും ആയുർവേദമോ ഹോമിയോ ഒന്നും നടക്കില്ല നമ്മളങ്ങനെ ഒരാളെയും പ്രോത്സാഹിപ്പിക്കരുത് ഒരു ദിവസം ഈ പറയുന്ന ആളായിരുന്നു അതോടെ ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഞാൻ വെള്ളിക്കാൻ വേണ്ടിയിരിക്കുന്നത് അവിടെ വന്നു അപ്പൊ നമ്മുടെ തമ്പിയുണ്ടല്ലോ അപ്പോ തമ്പിക്ക് ഡയബറ്റിക്കാണ് വിരള് പഴുത്ത് അപ്പൊ ഇദ്ദേഹം നിന്ന് ഫോണിൽ ഉപദേശിക്കണം എറണാകുളത്തങ്ങൾ ഒരു ലൊട്ടിലോട് വൈദ്യമുണ്ട് അവിടെ പോയി ചികിത്സിച്ചു എന്തിനാണ് ഇവിടെ പോകുന്നത് ആശുപത്രി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എനിക്ക് ദേഷ്യം പോകും ഞാൻ ഫോൺ പിടിച്ചു വാങ്ങിച്ചു താളുമ്പേ ഇരിക്കുവോ ഞാൻ തമ്മിയുടെ അടുത്ത് പോയി ആ ഡോക്ടറെ കണ്ടിട്ട് വിരള് മുറിക്കുക എന്നു ഈ ലൊട്ടിലോടൊക്കെ വൈദ്യന്മാരുടെ അടുത്ത് പോകരുത് ഇങ്ങനെയുള്ള ഉപദേശം ഇതാണ് ബോധമില്ലായ്മയെന്ന് പറയുന്നത് അന്ന് പോയി കാല് മുറിഞ്ഞിപ്പോൾ ആള് ജീവിച്ചിരിക്കും അതേസമയം വൈദ്യൻ്റെ അടുത്ത് പോയിരുന്നെങ്കിലോ ഇത് പഴുത്ത് അവിടുത്തെ പിന്നെ വിടെ പോവും കാലം കുറിക്കാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കരുത് ഇവർക്കൊന്നും വൈദ്യം എന്ന് പറയുന്ന ഇതൊക്കെ ഇവർ എന്താണ് അത്യാവശ്യം വന്ന ഫിസിയോതെറാപ്പിയുടെ ലെവലിലുള്ള ചില തിരുമ്മലോ പിഴിച്ചിലോ ഈ എന്താണ് നമ്മുടെ പെരാനസ്വാമിയുടെ ചോദിക്കും സ്വാമി പോയി അവിടെ പോയി ഭയങ്കര ചികിത്സകളത് ഞാൻ പറഞ്ഞുകൊണ്ടാണോന്നറിയത്തില്ല ഞാൻ പറഞ്ഞു സ്വാമി ഇനി ആയുർവേദം ചെയ്യരുത് ഇംഗ്ലീഷ് മരുന്നേ ആയുർവേദം ചെയ്ത ഇത് കുഴപ്പത്തിലാകും കാരണം ബ്രെയിനിലാണ് പ്രശ്നം നെർവസിനാണ് പ്രശ്നം ആയുർവേദം ചെയ്ത് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ എന്തായാലും സ്വാമി ഒരുവിധം മാനേജ് ചെയ്ത് ജീവിക്കുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ സ്വയം തോന്നി എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ആയുർവേദം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകരുത് ഒരു ദിവസം തീർത്ഥെടുത്ത് ചോദിച്ചു തീർത്ഥിങ്ങനെ ചൊറിഞ്ഞു പോ പറഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്തു നമുക്കിപ്പോൾ ദേഹം മുഴുവൻ എന്താണ് ആയുർവേദം ഞാൻ പറഞ്ഞ് പോയി ഇംഗ്ലീഷ് വരുന്നേ ഓ ഇംഗ്ലീഷ് പറയുന്നത് എന്തായാലും അപ്പം ചെയ്തു തിരിച്ചു വന്ന കഴിഞ്ഞു വലിയ ആശ്വാസം മനസ്സിലായത് ഇതൊക്കെ ക്രോണിക് ഡിസീസുകളാണ് ഇതിനൊന്നും ഒരിക്കലും ഈ ആയുർവേദത്തിന്റെ പുറകെ പോകരുത് ആയുർവേദം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അശാസ്ത്രീയമായൊരു ചികിത്സയാണ് അത് യാതൊരു സയന്റിഫിക് ബേസിസും വാദം പിത്തം കഫം മാങ്ങാത്തൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് മനസ്സിലായോ പിന്നെ ഈ വിശ്വാസം വല്ല എണ്ണയിടാനോ ചിലപ്പോ ചില ഒറ്റമൂലികളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ചില അസുഖങ്ങളൊക്കെ മാറി നിന്നിരിക്കും അത് നമ്മുടെ ഭാഗ്യം ഏ ചില കാര്യങ്ങൾക്കൊക്കെ പറ്റും അത് എന്താണോ അത് അശാസ്ത്രീയമാണോ അത് ശർദിപ്പിക്കുക ആവശ്യമക്കുക ഇനമാ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു അതുകൊണ്ട് കാര്യമൊന്നും അല്ല ആയുർവേദക്കാർ കേട്ടോ എന്നെ കൊല്ലും പലരും കൊല്ലും എല്ലാരും കൂടെ കൊല്ലാം ഞാൻ ഒരാളെന്നെ കൊള്ളു മനസ്സിലായോ അതുകൊണ്ട് ഇതൊക്കെ ഇതിനൊന്നും ആരെയും പ്രോത്സാഹിപ്പിക്കാ അതിപ്പോ എന്താണ് ധർമ്മസംഘത്തിന്റെ ഒരാളാണ് ഇവിടെ എല്ലാരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുന്ന ആ അതിന് വിധേയമായി ചികിത്സ സ്വീകരിക്കുന്ന ഒരാള് അല്ലാതെ ഉടനെ അത് കഴിഞ്ഞ് അവിടെ പോവുക ഇവിടെ പോവുക മറ്റേ പോവുക അതായ പ്രസിഡന്റ് എന്താണ് ഇങ്ങനെ നടക്കുകയാണ് ഒരു ആശുപത്രി പോകും പിന്നെ വേറെ രാജ്യത്തിൽ പോവും പിന്നെ ആയുർവേദത്തിൽ പോകും പിന്നെ ഹോമിയോപ്പതി പോവും ഇതിനൊന്നും ധർമ്മസം ഉത്തരവാദിയല്ല ഇങ്ങനെ വേണ്ടാതിനങ്ങളൊക്കെ കാണിച്ചുപോട്ടിക്കഴിഞ്ഞാൽ സ്വയം അനുഭവിക്കേണ്ടി വരും പ്രസിഡന്റ് ആയാലും ശരി ഏത് പൊടി കെട്ടിയ ആളായാലും ശരി ഞാൻ പറയാനുള്ളത് പറയും ഇന്ന് ശുദ്ധ വിവരക്കേടാ എത്ര രാജ്യത്തിനുണ്ടാവും ഒരിടത്ത് പോവും വേറെ അടുത്ത് പോവും മറ്റടത്ത് പോവും പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും പിന്നെ ആയുർവേദം ഞാൻ പറഞ്ഞു ഇതിനൊന്നും പോരുതെന്ന് പറഞ്ഞു ഒന്നും വിശ്വസിക്കില്ല കൊടുത്തിരിക്കുന്ന തുണിയ വിശ്വാസം പിന്നെ എങ്ങനെ അത് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം അത് ഫെയിലാകണെങ്കിൽ ശരി വേറൊരു ഡോക്ടറെ കാണാന്നുള്ളത് അതിൻ്റെ ഇടയിൽ ആയുർവേദം പോകും മനുഷ്യന് ബോധമില്ലായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നത് അങ്ങനെ നടക്കാൻ പാടില്ല ആരോഗ്യത്തെ നമ്മൾ നോക്കണം ഇംഗ്ലീഷ് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്നാലും അവരൊക്കെ ചെയ്യുന്ന ഒരേ ഡയഗ്നോസ് ചെയ്യുന്നത് മിക്കവാറും മരുന്നുകളൊക്കെ ഒന്നും തന്നെ കൊടുക്കുന്നത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഡോക്ടർമാർ എല്ലാം ക്വാളിഫൈഡ് ഡോക്ടർമാരാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല കുറച്ച് ദിവസം അതുപോലെ പോയിട്ട് നോക്കുക പിന്നെ വേറെ ഒന്നും ചെയ്യുക പിന്നെ മറ്റൊന്നു ചെയ്യുക അതിന്റെ ഇടയ്ക്കൂടെ ആയുർവേദം ചെയ്യുക പരമാബദ്ധമാണ് അതുകൊണ്ട് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും മനസ്സിലാക്കണം നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥിതി അനുസരിക്കുക നിയമങ്ങളനുസരിച്ച് നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതാണ് ഇന്നത്തെ ശ്രീനാരായണ ധർമ്മം മനുസ്മൃതിയല്ല അത് എന്താണ് നമ്മൾ ഉല്ലംഘിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി നമ്മളതിന്റെ ശിക്ഷയും മാങ്ങിക്കോണം അല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ ലാഭം ഉണ്ടാവും എന്നൊന്നും കരുതുന്ന കാര്യമില്ല അതുകൊണ്ട് എന്താണ് ഇത്തരം നിയമത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ജ്ഞാനം എന്താണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് നമുക്കതിനെ കുറിച്ച് ബോധമില്ല ആ അനുഭവം കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അതുകൂടെ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് സാമാന്യൊരു ബോധം എന്തുവേണം നമ്മുടെ ഈ സ്വാമിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാള് ഇവിടെ ഇരിക്കുന്നു അങ്ങനെയുള്ള ആളത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ല കൂടെയുള്ള സ്വാമിമാരുടെ ചോദിച്ചിട്ട് ഇല്ല ഈ പത്താം ക്ലാസ്സും ക്വസ്റ്റീൻ ഉണ്ടെന്നും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റി അതിനപ്പുറമുള്ള ആരാണ് ഉള്ളത് ആരുമില്ല അതുകൊണ്ട് ധർമ്മം ഇതാണ് എന്തെങ്കിലും ഉണ്ടാവുക ധർമ്മത്തെ എന്തെങ്കിലും പറയാൻ ഇവിടുത്തെ പൊളിറ്റിക്സ് പറയാ അതൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യനീതിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് പൊതുവായി പറയുന്ന എന്താണ് മനുഷ്യന്റെ മൂല്യബോധത്തെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് പഴയ കാലം മുതലേ പറഞ്ഞിരിക്കുന്ന എന്താണ് അതിനി വിശദമായിട്ട് പറയേണ്ടി വരും പഴയകാലം പോലെ ഞാൻ പറയുന്നത് എന്താ പിന്നെ ഒരു രണ്ടു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ ഭാരതത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ പറയുന്ന എന്താണ് നിയമവ്യവസ്ഥ അനുസരിച്ച് നിയമവിരുദ്ധമായത് പ്രവർത്തിക്കാതിരിക്കും ഇതാണ് ധർമ്മം എന്നും അതങ്ങനെയാണ് പക്ഷേ അന്നവര് നിയമം എന്ന് പറഞ്ഞത് മനുസ്മൃതിയുടെ നിയമങ്ങളാണ് അതിന് പകരമാണ് ഇപ്പം നിയമമെന്നെന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ അത് സംഹിത അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ അനുസരിക്കുക എന്നുള്ളതാണ് ധർമ്മം ഇന്ന് പറ്റില്ല പണ്ടതായിരുന്നു അതിൽ പല കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ആ ഒരു എഴുതിയ പുസ്തകത്തിൽ അതുകൊണ്ടാണ് അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത് അത് ധർമ്മമല്ലെന്ന് പറയും തുടക്കി പറയുന്ന മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പല ഭാഗങ്ങളിലും അത് അതൊന്നും ഇന്ന് ധർമ്മ അങ്ങനെയൊന്നുമല്ല ചെയ്യണ്ടേ അത് എന്താണ് രണ്ടുപേര് ഗുരുവിന്റെ പേരിൽ എഴുതി പ്രസിദ്ധീകരിച്ചു ഒന്ന് ആര് സി വി രണ്ടാമത്തെ ആത്മാനന്ദ സ്വാമി ഇപ്പൊ രണ്ടുപേരും എഴുതിയത് അവരവരുടെ അഭിപ്രായമാണ് ഗുരുവിന്റെ പേരിൽ എഴുതി പ്രസിദ്ധീകരിച്ചത് അങ്ങനെന്തോ കേട്ടിട്ടുണ്ട് ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയാം അതിപ്പോ ഗുരുവിന്റെ അടുത്ത് ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ടിത് പ്രതികരിച്ചോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തോളം പറയും ഗുരു അങ്ങനെയായിരുന്നു ആരെയും പണക്കത്തില്ല പിന്നെ അത് ഗുരുവിന്റേതായിട്ട് കാലം മരുമം വ്യാഖ്യാനിക്കും ഗുരുവിന്റേതല്ല പിന്നെ ആത്മാനന്ദ സ്വാമി എന്ന് വെച്ചാൽ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു മനസ്സ്പിളികൊക്കെ വായിച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ വായിച്ചിട്ട് അതാണ് ഇന്നത്തേം ധർമ്മം എന്ന് പറഞ്ഞ് പുള്ളി കുറെ അധികം എഴുതിക്കേറ്റ് ഏഹ് അല്ല അത് അല്ലല്ലോ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നിയമവ്യവസ്ഥയെ അനുസരിക്കുക ധർമ്മം വേണ്ട എന്ന് പറഞ്ഞാൽ മനുസ്മൃതി വേണ്ട എന്നർത്ഥം ധർമ്മം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമവ്യവസ്ഥയെ അനുസരിക്കുക ഇത്രയുള്ളൂ ധർമ്മം എവിടെയെങ്കിലും വേണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ് മനുസ്മൃതി വേണ്ട ധർമ്മം വേണം പറഞ്ഞാൽ എന്താണ് നിയമ ആ നിയമവ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ഭരണഘടനയും മാത്രമല്ല മനസ്സിലാവുക അത് വളരെ വിപുലമാണ് നിയമംന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ധർമ്മസംഘത്തിന്റെ മെമ്പർമാരാണ് മെമ്പർമാരാണെങ്കിൽ എല്ലാ മെമ്പർമാരും അതിൽ പറയുന്ന നിയമവ്യവസ്ഥയെ അംഗീകരിക്കണം അംഗീകരിച്ച് മെമ്പറായിരിക്കാൻ പാടുള്ളു ഇല്ലെങ്കിൽ ധർമ്മസംഘത്തിൽ നിന്ന് പുറത്തു മെമ്പറാണോ എല്ലാവരും അതിന്റെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കണം മനസിലായ പിന്നെ അത് ആ നിയോഗസ്ഥ ഉണ്ടായിരിക്കുന്നത് ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് അപ്പൊ ഭരണഘടനയും അംഗീകരിക്കുന്നു അപ്പൊ നിയമത്തെ അംഗീകരിക്കാമെന്നുള്ളതാണെന്ത് ധർമ്മം ഇതില് ഒരു കാലത്തും മാറ്റരുത് ശരി പാടിക്കോ ഓ